ലേഖകം പതിനൊന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവർ എല്ലാവരും വാൻഡത്തെ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരിദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിട ഉണ്ടായിരുന്നുവല്ലോ അടുത്ത വാക്യം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവര് നമ്മളീ എബ്രായ ലേഖനം പതിനൊന്നാമധ്യായം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു അധ്യായമാണ് അതിൽ പലരുടെ കാര്യങ്ങൾ പഴയ നിയമഭക്തന്മാരായ പലരുടെ കാര്യങ്ങളെ പറഞ്ഞു ഹാബാബീദിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഹാനൂഖിൻ്റെ കാര്യം പറഞ്ഞു നോഹയുടെ കാര്യം പറഞ്ഞു അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞു ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞതിന് ശേഷം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ഒരു ചെറിയ പാരഗ്രാഫിൽ അതിൻ്റെ മധ്യത്തിലുള്ള ഒരു പാരഗ്രാഫിൽ അവിടെ ഇതേ വരെ പറഞ്ഞ കാര്യങ്ങൾ ഇതേ വരെ പറഞ്ഞ ദേവക്തന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുക ചെയ്തു ഇവരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ വാദത്തെ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരിതേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ പലതും വിശ്വാസത്തിലൂടെ നേട്ടം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വരുന്നത് ഇന്നത്തെ സമകാലിക ക്രിസ്തീയത വിശ്വാസത്തിലൂടെ നേട്ടം വിശ്വാസത്തിലൂടെ ജീവിക്കുക വിശ്വാസത്തിലൂടെ ആ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരിക എന്തിങ്ങനെ പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ നമ്മൾ ഈ വാക്യം വായിച്ചാൽ നമ്മൾ ആ പെട്ടെന്ന് ഇതെന്താണെന്ന് നമുക്ക് പോയി ഇവിടെ എന്താ പറയുന്നത് വിശ്വാസത്തിൽ അവർ മരിച്ചു എന്നാണ് പറയുന്നത് വിശ്വാസത്തെ വിശ്വാസത്തെ മരിച്ചു എന്നാണെന്നാണ് പറയുന്നത് വിശ്വാസത്തെ ജീവിച്ചു എന്നല്ലേ പറയും വിശ്വാസത്തിൽ അവർ മരിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെ വിശ്വാസത്തെയും മരിച്ചു വിശ്വാസത്തിലവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ തങ്ങൾക്ക് വാഗ്ദത്വം കിട്ടിയ കാര്യത്തെ ദൂരത്ത് നിന്നുകൊണ്ട് അത് കണ്ട് അഭിവന്ധിച്ചും ഭൂമിയിലെ തങ്ങൾക്ക് അവിടെ ഒരു അവകാശമില്ല അവരെ അന്യരും പരിദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് ഒരു കാര്യമാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇതാരെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പറയുന്നവരും വിശ്വാസവീരന്മാരെന്ന് ദൈവജനം പ്രഘോഷിക്കുന്നവരുമായ ആളുകളെക്കുറിച്ച് തന്നെ അവരുടെ ജീവിതത്തെ മൊത്തത്തിലൊന്നും വിലയിരുത്തിയേച്ച് പറയുകയാണ് എന്താ അവരൊന്നും അവരെ വിശ്വാസത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത് വാന്ത നിവർത്തി അവർ പ്രാപിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഈ വാക്യം മാത്രം നോക്കിയാൽ നമ്മളതിനൊരു ഒരു നിരാശയിൽ അവസാനിക്കുന്ന പോലെ നമുക്ക് തോന്നും എന്നാൽ അങ്ങനെയല്ല ഇവരെന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഈ ഭൂമിയിൽ തങ്ങൾ അന്യര പരിദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വാദത്തെ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നുകൊണ്ട് അത് അത് അഭിവർന്നിച്ച് അവർ വിശ്വാസത്തിൽ മരിച്ചത് അത് അവിടെ തൊട്ട് താഴെ പറയുന്നു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവർ കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാര്യത്തെ കണ്ടോണ്ട് അതിൽ തങ്ങളുടെ വിശ്വാസം വെച്ചുകൊണ്ട് ആ കാര്യം പ്രാപിക്കാനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇതാ അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളായിരുന്നില്ല പലതും അങ്ങനെ ആയിരുന്നില്ല ഭൂമിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അന്യരും പരദേശികളും എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ച് ഒടുവിൽ വിശ്വാസത്തിൽ മരിച്ചത് എന്ന് നമ്മൾ വായിക്കും മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട് വർത്തായു ശേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ ഇന്നാ നോക്ക് അബ്രഹാം അല്ലെങ്കിൽ ഹാനോക്ക് അല്ലെങ്കിൽ നോഹ തുടങ്ങിയ അല്ലെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്ധതികളായ ഇസാക്ക് യാക്കോബ് തുടങ്ങിയവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പഴയ നിയമഭക്തന്മാരായിരുന്നു അവരെ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയാണ് അവർ വാഗ്ദാനം പ്രാപിച്ചത് പക്ഷേ ആ വാഗ്ദാനങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ കൂടുതൽ അടുത്ത് നിന്ന് കാണുമ്പോൾ ആ വാഗ്ദാനങ്ങൾക്ക് വേറൊരു ഡയമെൻഷനുണ്ട് എന്ന് കാണാൻ കഴിയും അതെന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നീണ്ടുവരുന്ന ആ നിലയിലുള്ള വാഗ്ദാനങ്ങളാണ് പഴയ നിയമഭക്തന്മാർക്ക് പോലും കൊടുത്തത് അപ്പോൾ അവർ ആ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓർത്തും ധ്യാനിച്ചും ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി വരാൻ പോകുന്ന ഇതിനേക്കാളും ഉത്തമമായ ചില കാര്യങ്ങൾ വരുന്നുണ്ട് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങളവർക്ക് മനസ്സിലായി പക്ഷേ അവരതിനായിട്ട് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ കർത്താവ് ഇവിടെ പറഞ്ഞതെന്താ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാനായിട്ട് ആഗ്രഹിച്ചു നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാനായിട്ട് ആഗ്രഹിച്ചു പുത്രൻ തമ്പുരാനീ ഭൂമിയിൽ വന്നപ്പോൾ താൻ ചെയ്ത അത്ഭുതങ്ങൾ താൻ ചെയ്ത ക്രിയകൾ അതൊക്കെ കാണാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അബ്രഹാമിനത് കഴിഞ്ഞില്ല മോശയ്ക്കത് കഴിഞ്ഞില്ല പഴയ ഭക്തന്മാർക്ക് അത് കഴിഞ്ഞില്ല താൻ ചെയ്ത ആ മാധുര്യമുള്ള മൊഴികൾ കേൾപ്പാൻ കർത്താവിൻ്റെ ആ വാക്കുകൾ കേൾപ്പാൻ അവരാഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും അവർ കേട്ടില്ല നിങ്ങൾക്ക് അതിനേക്കാളും ഉത്തമമായ ഒരു സാധ്യതയാണല്ലോ ഒരുക്കിയത് എന്ന് കർത്താവ് പറയും പ്രിയപ്പെട്ടവര് ഈ വാക്യമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ കാണേണ്ടത് നമ്മൾ പഴയ ദൈവഭക്തന്മാരല്ല പുതിയ ദൈവഭക്തന്മാർക്ക് എപ്പോഴും പഴയ ദൈവഭക്തന്മാർക്കുള്ളതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ വാഗ്ദത്വത്തിൻ്റെ അതിൻ്റെ ആഴമേറിയ കാര്യങ്ങളിലേക്ക് അടുത്ത് ചെല്ലാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് നമ്മളിന്ന് കാണുന്നത് ഇന്നിപ്പോൾ കർത്താവ് നമ്മുടെ മധ്യത്തിലില്ല പക്ഷേ കർത്താവ് ജീവിച്ചിട്ട് കടന്നുപോയ ഒരു ജീവിത മാതൃക നമ്മുടെ മുമ്പിലുണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ചെയ്യുന്നതൊക്കെ ആരാഗ്രഹിച്ചു പഴയ ദൈവഭക്തന്മാർ ആഗ്രഹിച്ചു പക്ഷേ അവർക്കത് ലഭ്യമായില്ല അപ്പം നമുക്ക് അവരെക്കാളും എത്രയോ എത്രയോ നമുക്ക് ദൈവം ചെയ്തിരിക്കുന്ന ആ വാഗ്ദാനങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നു കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ യോഹനൻ്റെ സുവിശേഷം നാലാമത്യായത്തിലെ ശബരിക്കാരിയോട് സംസാരിക്കുമ്പോൾ അവള് ആരാധനയെന്നൊരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ അവളുടെ പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് എന്തായിരുന്നു ഒന്നുകിൽ ആ മലയിൽ അല്ലെങ്കിൽ ഈ മലയിൽ ഏഹ് യഹൂദന്മാർ പറയുന്നു എനിസ്ലൈമിൽ ദേവാലയത്തിൽ പോയി ആ ആരാധിക്കണമെന്ന് ഞങ്ങൾ ശബരിയക്കാർ പറയുന്നു എന്താ ഇവിടെ ഈ മലയിൽ ആ മലയിൽ ഈ മലയിൽ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആരാധന എന്തായിരുന്നു ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടുമായിരുന്നു എന്നാൽ കർത്താവ് ഉടനെ പറഞ്ഞു എന്താ പറഞ്ഞത് സദ്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയിലേക്ക് കർത്താവ് വിരൽ ചൂടും ഇത് നമ്മൾ നോക്കുക നമുക്കൊരു ഒരു സ്ഥലത്തോട് ചേർന്നല്ല നമ്മുടെ ആരാധനയിരിക്കുന്നു അല്ലെങ്കിൽ ചില പുരോഹിതന്മാരോട് ചേർന്നല്ല ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് നമുക്ക് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിൽ കർത്താവിലേക്ക് നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനുമൊക്കെ വലിയ സാധ്യത തന്നിരിക്കും ഈ സാധ്യതയെക്കുറിച്ചുള്ള ഒരു ഗ്ലിംസ് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ചൊരു നേരിയ കാഴ്ച ആർക്കുണ്ടായിരുന്നു പഴയ നിയമഭക്തന്മാർക്കുണ്ടായിരുന്നു പഴയ നിയമഭക്തന്മാർക്കുണ്ടായിരുന്നു എന്നാൽ അതവർക്ക് ലഭ്യമായില്ല നമ്മൾ ഈ പാകം പറയുമ്പോൾ പഴയ നിയമഭക്തന്മാർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ കാണാനായിട്ട് കഴിയും നമ്മൾ പഴയ നിയമത്തിലെ സെക്കരിയാവ് സെക്കരിയാവ് താന് സെക്കരിയാവിൻ്റെ ഒരു പ്രാർത്ഥനയും പാട്ടും നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒന്നാമധ്യായത്തിൽ സെക്കരിയാവ് ദേവാലയത്തിൽ ചെന്നു യോഹനാൻ സ്നാപകൻ ആ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചു എലിസബത്തിന് ഒരു മകൻ പിറക്കും എന്നൊക്കെ ദൂതൻ വന്നു പറഞ്ഞു പക്ഷേ സെക്കരിയാവ് എന്ത് ചെയ്തില്ല അത് വിശ്വസിച്ചില്ല വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവൻ അവിടെ വെച്ച് ഊമനായിപ്പോയി അവസാനം അവസാനം യോഹനാൻ ജനിച്ചു യോഹനാൻ ജനിച്ചോടനെ എന്ത് പേരിടണം എന്ന് ചോദിച്ചു ഉടനെ സെ സക്കരിയാവെന്തോ പറയുന്നു ഒരു എഴുത്തുമലക കൊണ്ടുവരാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന ഭാഗം അമ്പത്തി ഏഴ് മുതലുള്ള ഭാഗങ്ങളിൽ കാണാം ഒന്നാമത്തെയായി ന്യൂക്കോസിന് ശേഷം ഒന്നാമത്തെയായി അമ്പത്തി ഏഴ് മുതലുള്ള ഭാഗം എഴുത്തുമലക കൊണ്ടുവന്നപ്പോൾ യോഹനാൻ എന്ന സക്കരിയാവ് എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറേ ഏകദേശം പത്ത് മാസമായിട്ട് വിട്ടാതിരുന്ന സക്കരിയാവിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് സക്കരിയാവ് ഒരു പാട്ടാണോ പ്രാർത്ഥനയാണോ അതൊക്കെയും പറയുന്ന ഭാഗം അതിൻ്റെ അറുപത്തിയെട്ട് മുതൽ എഴുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ സക്കരിയാവ് ആ പറയുന്നിടത്ത് ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം അതിൻ്റെ എഴുപത്തി നാലാമത്തെ വാക്യം ുഷ്കാലുമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് ക്രമ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഈ യോഹനാൻ ജനിച്ചതും യോഹനാൻ ആരുടെ വരാൻ പോകുന്ന മഷിഹായുടെ മഷിയായെക്കുറിച്ച് പറയുന്ന വിളിച്ചു പറയുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന അവന് മുൻപായിട്ട് വിളിച്ചു പറയുന്ന ആ ശബ്ദമായിട്ടാണ് ഈ യോഹനാൻ ഈ പൈതല് വന്നിരിക്കുന്നത് ഈ പൈതലിനെക്കുറിച്ച് എന്താ പറയുന്നത് നിയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും അതിൻ്റെ നമ്മളിപ്പോൾ വായിച്ചൊക്കെ തൊട്ട് താഴത്തെ വാക്യം എഴുപത്താറാമത്തെ വാക്യം കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരണയാൽ അവൻ്റെ ജനത്തിന് പാപമജനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുൻപായി നടക്കും അപ്പോൾ സക്കരിയാവ് പ്രവചനാത്മാവിൽ സക്കരിയാവ് എത്തു കണ്ടു ഈ യോഹനാൻ ആരാണ് അത്യുന്നതൻ്റെ പ്രവാചകനാണ് ഈ വരാൻ പോകുന്ന കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് ദൈവം മനുഷ്യനായിട്ട് വരുന്ന ആ കർത്താവിന് വഴിയൊരുക്കാനായിട്ടാണ് ഈ പൈതല് വന്നിരിക്കുന്നത് അപ്പം ഈ പൈതന് വന്നാൽ ആ പൈതനത്തോടെ നാല് വരും സാക്ഷാൽ കർത്താവ് വരും കർത്താവ് വന്നാൽ എന്തോ സംഭവിക്കും അതാണ് ഇവിടെ സക്കരിയാവ് പാടുന്നത് എഴുപത്തിനാല് സക്കരിയാവ് എന്താ പറഞ്ഞത് ഓ പണ്ട് നമ്മുടെ പിതാവായ അബ്രഹാമിന് കൊടുത്ത ഒരു വാദ്യത്തത്തിൻ്റെ നിവർത്തി ഉണ്ടാകാനായിട്ട് ഇപ്പം ദൈവം അതോർത്ത് യോഹനാന അയച്ചല്ലോ ഇനി ഇതിൻ്റെ തൊട്ടു പിന്നാലെ കർത്താവും വരുമല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം എന്താ വാഗ്ദാനം എന്താ ആ വാഗ്ദാനം നമ്മൾ പെട്ടെന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം കനാശിനാ കിട്ടുമേ അല്ലെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഈ ഈ അത്യുന്നതൻ വരുമ്പം കർത്താവ് വരുമ്പം കൊണ്ടുവരുന്നത് എന്നാ സെക്കരിയാവ് പറയുന്നതെന്നാണ് നമ്മൾ ഓർക്കുന്നത് പക്ഷേ സെക്കരിയവ് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറയുന്നത് സെക്കരിയാവ് എന്തോ പറയുന്നത് ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തു എന്താ ജീവിതകാലം മുഴുവൻ ഭയം വിശുദ്ധിയിലും ഭീതിയിലും ദൈവത്തെ ഒന്ന് ആരാധിക്കുക അതിനുള്ള അവസരം നിങ്ങൾക്ക് തരും തരുമെന്ന് ആരോട് പറഞ്ഞു അബ്രഹാമിനോട് പറഞ്ഞു ഞങ്ങൾ അന്ന് മുതൽ ഇങ്ങനെ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുക പക്ഷേ ഞങ്ങളുടെ ഈ പഴയ ദീമ ആരാധനയിലെല്ലാം എന്താ ഭയത്തോടാണ് ഞങ്ങൾ വിധിക്കുന്നു നമ്മൾ പറയുന്നല്ലോ നമ്മളെ പ്രായത്തിലും പന്ത്രണ്ടാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട് മോശ പറഞ്ഞു എന്താ പറഞ്ഞു മോശ പറഞ്ഞു ഞാൻ പോലും അത്യന്തം പേടിച്ച വിറയ്ക്കുന്നു ദൈവത്തെ ആരാധിപ്പാൽ ദൈവത്തിൻ്റെ പ്രതീക്ഷ സീനായ്മലയിൽ ഉണ്ടായപ്പോൾ അതിനോട് ചേർന്ന് മോശയ്ക്കെന്തുവാ തട്ടിയത് ഭീതിയാണ് തട്ടിയത് പേടിയാണ് തട്ടിയത് അപ്പോൾ പഴയതീമ ഉടമ്പടിയുടെ മധ്യസ്ഥനായ മോശയിലും എന്താ ആ മോശയിൽ തുടങ്ങിയ ഭീതി ഇങ്ങനെ തലമുറ തലമുറ ഇങ്ങനെ കൈമാറി ഏ അപ്പോൾ അങ്ങനെ വന്നിരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് ആരിയ്ക്കുന്നത് സെക്കരിയാവ് ഇരിക്കുന്നു സെക്കരിയാവിൻ്റെ പണി എന്തായിരുന്നു നമ്മൾ ആ വാങ്ങാൻ നമുക്കറിയാം സെക്കരിയാവ് യരിശിലെ ദേവാലയത്തിൽ ചെന്ന് തനിക്ക് കുറി വീഴി വീണതനുസരിച്ച് താൻ ലേവിയാഗോത്രത്തിലുള്ള ആളാണ് തനിക്ക് നറുക്ക് വീണപ്പോൾ താനവിടെ പോയി എന്തോ ചെയ്തു ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു പക്ഷേ ദൈവത്തെ ആരാധിക്കാനായിട്ട് സക്കരിയാവ് അവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സെക്കരിയാവിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിരിക്കും അയ്യോ ഇങ്ങനത്തെ ഒരു ആരാധനയെക്കുറിച്ചല്ലല്ലോ ഞങ്ങളുടെ പൂർവ്വപിതാവിന് ദൈവം വാഗ്ദാനം കൊടുത്തത് ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് പേടിച്ച് വരച്ചാണ് ചെയ്യുന്നത് അതിവിശു സ്ഥലത്തെ കാണ്ടിലൊരിക്കൽ മഹാപുരോഹിതം കിടക്കുന്നത് പോലും എന്താ പേടിയോടാ ഇപ്പം വേണേൽ ഞാൻ മരിച്ചു വീഴാം ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ ഡെഡ് ബോഡിയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയാണല്ലോ ഞാനെൻ്റെ കാലയിൽ ഈ ചങ്ങല ധരിച്ചേക്കുന്നത് ആ ചങ്ങല വിശുദ്ധ സ്ഥലത്തേക്കും പ്രാകാരത്തിലേക്കും നീണ്ടു കിടക്കുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും എൻ്റെ അനക്കമൊന്നും കേട്ടില്ലെങ്കിൽ പ്രാകാരത്തെയും കാത്തു നിൽക്കുന്ന ജനം വിളിച്ചു നോക്കും അയ്യോ പുരോഹിത അവിടെ ഉണ്ടോ ഉണ്ടോ അനക്കമൊന്നും കേൾക്കുന്നില്ല അവിടെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാലയിലെ ചങ്ങല കിളിക്കുമ്പോൾ ആന ആന പോകുമ്പോൾ ചങ്ങല കിളിക്കുന്ന പോലെ അകത്തു നിന്ന് ഒരു ചങ്ങല കിലുക്കം ഉണ്ടെങ്കിൽ പ്രാകാരത്തിൽ നിൽക്കുന്നവർക്ക് എന്താ ധൈര്യമാ സന്തോഷമാണ് അകത്തുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചങ്ങല കിലുക്കം നിന്നു ശബ്ദമൊന്നുമില്ല വരണ്ട സമയമായിട്ടും കണ്ടില്ല ഈ സെക്കരിയാവിൻ്റെ ജീവിതത്തിൽ അതുണ്ടായി നമ്മളാ ഭാഗം ഓർക്കണം സെക്കരിയാവിനെന്തോ സംഭവിച്ചു സെക്കരിയാവ് അവിടെ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു ദൂതനെ കണ്ടു ദൂതനെ കണ്ട് അവിടുന്ന് കുറച്ച് താമസിച്ചു സെക്കരിയാവ് ഈ കാര്യം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് മടങ്ങി കുറച്ച് താമസിച്ചു അപ്പോൾ അവരെന്തോ ചെയ്തു കണ്ടോ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമധ്യായം ഇരുപത്തൊന്ന് ജനസെക്കരിയാവിനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്ത് വന്നാറേ അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്തുവാ ഈ സെക്കരിയാവ് സാധാരണ ഒരു പുരോഹിതൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം അവിടെ എടുത്തു അകത്തെടുത്തു അപ്പം തിരശയേക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ജനസത്യത്തിൽ പേടിക്കും ഈ പുള്ളിക്കാരന് നമ്മുടെ മഹാപുരു നമ്മുടെ ഈ പൗരോദ്ദേശി സൂക്ഷയ്ക്കായിട്ട് സെക്കരിയാവക്കൊണ്ട് പോയിട്ടു കൊണ്ട് കുറച്ച് നേരമായിട്ട് കാണുന്നുമില്ല ഇനി അവിടെ കാണും വീണ് മരിച്ചോ എന്ന് പേടിച്ചു പക്ഷെ സത്യത്തിൽ ആ ദൂതനെ കണ്ടുകൊണ്ട് അയച്ചാൽ സമയം പോയത് പക്ഷേ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആ ജനത്തിൻ്റെ വ്യാകുലത നോക്കുക ജനം എത്ര ആകാംക്ഷ അടക്കി പിടിച്ചാണ് പുറത്ത് നിൽക്കുന്നത് എന്താ അവിടെ വേണേൽ മരണം സംഭവിക്കാം അപ്പോൾ സക്കരിയാവ് ഈ ദേവാലയത്തിൽ പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പം സക്കരിയാവിൻ്റെ മനസ്സിലെപ്പോഴും ഉയർന്നു വന്നിരുന്ന ഒരു ചിന്ത എന്തായിരിക്കും ഭയം കൂടാതെ ആയുഷ്കാലമൊക്കെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം ആരാധിക്കാൻ ഭയം ഒരു അവസരം തരാമെന്ന് ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് വാഗ്ദാനം നൽകിയല്ലോ ആ വാഗ്ദാനത്തിന് അടുത്തുപോലും ഞങ്ങൾക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ അതെന്നാണിനി നടക്കുക എന്നാണിനി നടക്കുക എന്നിങ്ങനെ എന്നിങ്ങനെ സക്കരിയാവിൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ചിന്ത ഉയർന്നു വന്നിട്ടുണ്ടാവും അങ്ങനെ ഇതാ ഒടുവിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തി പോലെ കർത്താവ് വരുന്നു അതിന് മുന്നോടിയായിട്ട് യോഹന്നാൻ വരുന്നു അപ്പം യോഹന്നാൻ്റെ പേര് എഴുതി നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ സക്കരിയാവിന് അയ്യോ ദീ അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത പോലെ ഞങ്ങൾക്കൊരു ദേശം തരുമല്ലോ ഞങ്ങളുടെ സന്തതി അനുഗ്രഹിക്കപ്പെടുമല്ലോ ഇങ്ങനെയുള്ള കൊച്ചുകാര്യമൊന്നുമല്ലായിരുന്നു സെക്കരിയാവിനെ സന്തോഷിപ്പിച്ചു സെക്കരിയാവ് ഒരു പുരോഹിതനായ കൊണ്ട് പുള്ളിക്കാരൻ്റെ സെക്കരിയാവിൻ്റെ എന്താ സെക്കരിയാവ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ് സക്കരിയാവിൻ്റെ ജീവിതം അതുമായി ബന്ധപ്പെട്ട സ്ഥലവും ഒന്നും പ്രസക്തമായ കാര്യമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരാധന അത് ഭയം കൂടാതെ ചെയ്യാൻ അതിനുള്ള വഴിയാണല്ലോ നീ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നീ അതിപ്പോൾ ഓർത്തല്ലോ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും വിശുദ്ധ ദൈവവും ഇപ്പോൾ ഓർത്തല്ലോ എന്ന് പറഞ്ഞാണ് സക്കരിയാവ് എന്ത് ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു നമ്മുടെ ആത്മാവി കർത്താവ് വസിക്കുന്നു അങ്ങനെയുള്ള കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ റിയാലിറ്റിയെ നമുക്ക് ആരാധിക്കാനൊക്കും നമ്മൾ പലപ്പോഴും അതൊരു കൊച്ചു കാര്യമായിട്ടാണ് പക്ഷേ ഇതാർക്ക് ആർക്ക് ലഭ്യമായിരുന്നില്ല പഴയ ദൈവഭക്തന്മാർക്ക് ലഭ്യമായിരുന്നില്ല ഇവർക്കായിരുന്നു എന്ത് കൊടുത്തിരുന്നത് ഈ വാഗ്ദാനം കൊടുത്തിരുന്നത് ഇവിടെ കണ്ടോ അബ്രഹാമിനോട് ചെയ്ത സത്യം അബ്രഹാമിനോട് ഇങ്ങനെയൊരു സത്യം ചെയ്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാണുകയില്ല നമ്മൾ പലപ്പോഴും കനാരൻ നാടിനെക്കുറിച്ചും ഒക്കെയാണ് കാണുന്നത് പക്ഷേ ദൈവം അബ്രഹാമിനോട് ചെയ്ത ആ സത്യങ്ങളിൽ ഇതും എന്തുണ്ടായിരുന്നു ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിതാ സക്കരിയാവ് പറയുന്നു അപ്പോൾ നമ്മളിന്ന് കയ്യാളുന്ന ഈ കാര്യവും അതൊരു കൊച്ചു കാര്യമല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വന്നത് യോഹനയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് വരിക കർത്താവ് കർത്താവ് പറയുന്നു നമ്മൾ മറ്റുള്ളവരെക്കാളും എത്രയോ വിശേഷപ്പെട്ട ആളുകളാണ് ഈ പഴയ ദിവന്മാരെക്കാൾ എന്നതിലേക്ക് വരൽ ചൂണ്ടുന്ന മറ്റൊരു വാക്യം ഇപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ അൻപത്താറിൽ വരുമ്പോൾ അബ്രഹാമിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ട് സന്തോഷിച്ചു വിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു കേട്ടോ അബ്രഹാം അപ്പോൾ കർത്താവ് അന്ന് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ വന്ന് യോഹനയുടെ സുവിശേഷം എട്ടിൻ്റെ അൻപത്തിയാറാം വാക്യമാണ് ഞാൻ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു അന്ന് ഭൂമിയിൽ വന്ന് ഇവരോട് ഇടപെടുമ്പോഴും ഒക്കെ ഇതൊക്കെ അബ്രഹാമിനൊക്കെ കിട്ടിയ വാഗ്ദാനം നിങ്ങളുടെ പൂർവ്വവിതാക്കന്മാർക്ക് കിട്ടിയ വാഗ്ദാനമാണ് പക്ഷേ അവരുടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ശാരീരികമായ ജീവിതത്തിൽ ലോക ജീവിതത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ഇന്നവർ എന്താ ഇന്നവർ ആത്മാവിൽ ഈ കാര്യം കാണുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഇന്ന് പുതിയ നിയമസത്യങ്ങളുടെ പിന്മുറക്കാരായിരിക്കുന്ന നമുക്ക് ഇതെത്ര വലിയ ഒരു കാര്യമാണ് എന്ന് പറയാനാണ് ഞാനിതിലേക്ക് വന്നത് ഇവർ എല്ലാവരും നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭി അവർ അത് അഭിവന്ദിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തു ഇവിടെ ഈ അബ്രഹാമിനൊക്കെ ലഭിച്ച എന്നാൽ അവർ കയ്യാളാഞ്ഞ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ഇരുപത്തഞ്ച് കാര്യങ്ങളെങ്കിലും ഞാൻ ലി ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് കാര്യങ്ങളെങ്കിലും അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തു പക്ഷേ അബ്രഹാമിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല അബ്രഹാമിനത് നേ അത് പ്രാപിച്ചെടുക്കാനായിട്ട് ജീവിതകാലത്ത് കഴിഞ്ഞില്ല പലതും പലതും അതിൻ്റെ വാക്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കിപ്പോൾ ആ ഇരുപത്തഞ്ചെണ്ണവും വാക്യസ് ഇതാ പറയാനൊക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഓടിച്ച ആ കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം ഒന്നെന്ന് പറയുന്നത് നിന്നെ ഒരു വലിയ ദേശമാക്കും വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ പറഞ്ഞ കാര്യം അത് അപ്രാഹ്യം കഴിഞ്ഞില്ല കാണാനായിട്ട് കഴിഞ്ഞില്ല അതിൻ്റെ ഒരു തുടക്കം മാത്രമേ ആ ബ്രാഹ്മിന് കാണാൻ കഴിഞ്ഞോളൂ നിനക്കൊരു നല്ല പേര് തരും ഒരു മഹത്തായ പേര് തരും എന്ന് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്ന് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറഞ്ഞു നിന്നെ ശവിക്കുന്നവർ ശവി അവർ ശവിക്കപ്പെട്ടവരായിരിക്കും എന്ന് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറഞ്ഞു മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ നാല് കാര്യങ്ങൾ ഓരോ പോയിൻറ്റും നമ്മൾ പറഞ്ഞു വരുമ്പോൾ നാല് കാര്യങ്ങളായി അതായത് നിങ്ങളൊരു ഒരു വലിയ ജനതയാകും നിങ്ങൾക്കൊരു പേര് ലഭിക്കും നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും മൂന്നാമത്തെ കാര്യം നാല് നിങ്ങളെ ശവിക്കുന്നവർ ശവിക്കപ്പെടും അഞ്ചാമത്തെ കാര്യം നിങ്ങളിലൂടെ എല്ലാ ജനതയും അനുഗ്രഹിക്കപ്പെടും കേട്ടോ ഈ യഹൂദൻ യഹൂദനെ ഇന്ന് സമൂഹം എന്താ പറയുന്നത് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളും ഇന്നലെ ഇന്നലെ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ഈ ട്രംപ് എന്ത് ചെയ്തു ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു തലസ്ഥാനമാക്കിയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ളവര് അതിനെ അതിനെ എതിർത്തു ഐക്യരാഷ്ട്ര സംഘടനയിൽ യു എനില് യു എന്നിൻ്റെ രക്ഷാസമിതിയിൽ ഇതിനെതിരെ അങ്ങനെ പാടില്ല എന്നും പറഞ്ഞ് ആ നിലയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം പക്ഷേ ലോകത്തിലെ വൻ ശക്തികൾക്ക് വീറ്റോ പവറുണ്ട് അതുകൊണ്ട് യു എസ് എന്തു ചെയ്തു അതിനെ വീറ്റോ ചെയ്തു വീറ്റോ ചെയ്തപ്പോൾ യു എസ് മാത്രമേ ഉള്ളായിരുന്നു ബ്രിട്ടനോ ഫ്രാൻസോ ഒന്നും അവരുടെ കൂടെ കൂടിയില്ല കൂടിയില്ല അങ്ങനെ മീറ്റോ ചെയ്തപ്പോൾ ഇപ്പോഴെന്താ ചെയ്തേക്കുന്നത് ഉടനെ തന്നെ പാലസ്തീനും തുർക്കിയും എല്ലാം കൂടെ കൂടി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പൊതുസഭ വിളിക്കാനായിട്ട് ആ അമേരിക്കയിൽ വീറ്റ വഴി എന്നാൽ നമുക്ക് പൊതുസഭ വിളിച്ചു കൂട്ടി ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ് പൊതുസഭ വിളിച്ചിരിക്കുക ഇപ്പോൾ പൊതുസഭ ഉടനെ തന്നെ വിളിച്ചു അതിലും വലിയ കാര്യമൊന്നുമില്ല എന്നാലും വലിയ കാര്യമൊന്നുമില്ല കാരണം എങ്കിൽ പോലും നോക്കുക ഈ കല്ലെടുക്കുന്നവനെന്തോ പറ്റും ആ കല്ല് അവൻ്റെ കാലേ വീണ് അവന് മുറിവേൽക്കും എന്ന് പറഞ്ഞ പോലെ ട്രംപ് കയറി ഈ കല്ലെ കയറി പിടിച്ചിരിക്കുക ഈ കല്ലേല ശഹൂദന ഇതൊരു പാരമുള്ള കല്ല ഇതേ പിടിച്ചവനൊക്കെ ട്രംപ് ഇപ്പം പറഞ്ഞിരിക്കുക എന്താ പറഞ്ഞേക്കുന്നത് തുർക്കി നിങ്ങൾക്കൊക്കെ ഞങ്ങളാ എന്തോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സഹായവും വാങ്ങിച്ചേച്ച് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുകയും ഞാനതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും ഇനി മേലാ സഹായം തരുന്ന കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പുള്ളി പുള്ളിയെ കൊണ്ടാകുന്ന പോലെ ഒരു ഭീഷണി ഇന്നലെ മുഴക്കിയിരിക്കുക എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് യഹൂദെന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ണിലെ കരടും കണ്ണ് അവരെല്ലാം യഹൂദനെ ഏറ്റവും ബ്ലേച്ചനായിട്ടാണ് പറയുന്നത് ജ്യൂന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ നാടകങ്ങൾ വായിച്ചാലാണ് അവിടെയൊക്കെ ജ്യൂന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പോലെ പ്രയോഗങ്ങളും നടന്നു എന്ന് വളരെ മോശക്കാരൻ എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദം പോലെയാണ് അത് എനിക്ക് കാരണം ഇവനെന്താ ഇവൻ നാടും വീടും വിട്ട് രണ്ടായിരം കൊല്ലം ലോകം മുഴുവൻ ഇങ്ങനെ നടന്നു ആളുകളെല്ലാം അടിച്ചു ഓടിക്കുമ്പോൾ അടിയും കൊണ്ട് അവിടെ ഇവിടെ നടക്കുന്ന ഈ പരദേശിയായിട്ട് നടന്ന് അക്ഷരാർത്ഥത്തിൽ നടന്ന് എല്ലാവരുടെയും ആക്ഷേപവും നിന്ദയും എല്ലാം സഹിച്ച ആള് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദൈവം തൻ്റെ വാഗ്ദത്തെ അത്ര വിശ്വസ്തമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യവും പ്രിയപ്പെട്ടവര് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം കൊടുത്ത ഒരു ഒരു വാഗ്ദാനം അനുസരിച്ച് ദിന്നിലൂടെ എന്തോ വരും സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി പക്ഷേ മുഴുവൻ ജനതയുടെയും ദൃഷ്ടിയിൽ എന്തുവാ ഇവര് ശല്യമായി ഇവരെക്കൊണ്ട് നമ്മൾ മടുത്തു എന്നാണ് പ്രിയപ്പെട്ടവര് നമ്മളാരും എന്തല്ല യഹൂദനല്ല നമ്മളൊക്കെ ഇവിടെ ഇന്ത്യക്കാരും ഇവിടെ ഒക്കെ ഉള്ള ആളുകൾ പക്ഷേ നമ്മളെങ്ങനെ ഈ യഹൂദനാൽ അനുഗ്രഹിക്കപ്പെട്ട എങ്ങനെയാണ് യഹൂദനാൽ അനുഗ്രഹിക്കപ്പെട്ട എങ്ങനെ അതായത് യഹൂദന്മാർ ഒത്തിരി കണ്ടുപിടിത്ത നമുക്ക് നടത്തി നമ്മളെ പല കാര്യങ്ങളും ചിലരെ അങ്ങനെ അനുദ്രക്കുന്നു ഐസ്റ്റീൻ ഐസ്റ്റീൻ ഒരു യഹൂദനായിരുന്നു ഇവരിലൂടെ ഒക്കെ ഏതാണ്ടോ വലിയ നന്മയെല്ലാം നമുക്ക് കിട്ടി അല്ലെങ്കിൽ കാർമാർക്സ് ഇപ്പം സാമൂഹിക രാജ്യങ്ങളൊക്കെ പറയുന്നത് ഒരേ കാറൽ മാർക്സ് കാറൽ മാർക്സ് എന്തായിരുന്നു ഒരു യൂദരായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകളിലൂടെ ലോകത്തിലൊക്കെ ഒത്തിരി നന്മയൊക്കെ കിട്ടി അതാണോ നന്മ അല്ല അല്ല അല്ല അതൊക്കെ ഇതിൻ്റെ അകത്ത് കൊച്ചു കൊച്ച് ഏ പിള്ളേർ വല്ലതും കേക്ക് തിന്നുമ്പോൾ താഴെ വീഴുന്ന നുറുക്ക് പോലെയുള്ളു അതൊന്നും അതിൻ്റെ അറ്റവും ഒന്നും നമ്മൾ പോകരുത് നമ്മൾ ആ കേക്കെ തന്നെ നോട്ടം വിടുന്നത് എന്താ കേക്ക് എന്താ എങ്ങനാണ് ലോകത്തിലെ സകല ജനതകളും യഹൂദനാൽ അനുഗ്രഹിക്കപ്പെടുന്നത് വാഗ്ദത്തമനുസരിച്ച് സാക്ഷാത് കർത്താവ് എവിടുന്നാണ് വന്നത് യഹൂദാ ജനതയിലൂടെ ആ വന്നത് കർത്താവിനാലാണ് ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് ഇത്രയും അകലെ കിടക്കുന്ന നമ്മളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യർക്കും ഈ വാഗ്ദത്തത്തെ കൈവശമാക്കാൻ എങ്ങനെയൊത്തും കർത്താവും ഭൂമിയും വന്ന് കാൽമറി കൃഷിയിൽ മരിച്ച് നമ്മളെ കൂടെ അതിൻ്റെ പങ്കുകാരാക്കിയത് കൊണ്ടാണ് ഇതാർക്കൊക്കെ നമുക്കൊക്കെ ആഫ്രിക്കയിൽ കിടക്കുന്ന ആഫ്രിക്കൻ മതാന്തരത്തെ കിടക്കുന്ന ആ നിലയിലുള്ള കിരാത വർഗക്കാര് മനുഷ്യനെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവരിൽ എത്ര പേര് എത്രയോ എത്രയോ പേര് ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു ദൈവമക്കളായി തീർന്നിരിക്കുന്നു എങ്ങനെ അത്തത് ആ ജനത എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത് ഈ നീതിയോ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത് മനുഷ്യനെ പിടിച്ച് നിന്നും ഓ തുണി കൊടുക്കാതെ നടന്നവൻ എന്തെങ്കിലും അനുഗ്രഹം കിട്ടാൻ മാ ഉണ്ടായിരുന്നു ഇല്ല ആരിലൂടെ അനുഗ്രഹിക്കപ്പെട്ടത് കർത്താവിലൂടെ അനുഗ്രഹപ്പെട്ടു ക്രിസ്തീയത എവിടെ പോയിട്ടുണ്ടോ അതിനെ തുടർന്ന് ഇതിൻ്റെ ആത്മീയവശം മാറ്റിവെച്ചാലും ആത്മീയവശം മാറ്റിവെച്ചാലും ക്രിസ്തീയത എവിടെ പോയിട്ടുണ്ടോ അതിനെ തുടർന്ന് ആ ജനത അനുഗ്രഹിക്കപ്പെടും അക്ഷരാർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കാര്യം തന്നെ നോക്കുക നമുക്കെങ്ങനെയാണ് ഈ അച്ചടി നമുക്ക് കിട്ടിയത് നമുക്കീ ഈ നിലയിലുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം നമ്മുടെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ഞാനതിൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സത്യങ്ങളുമായിട്ട് കർത്താവ് സകല ജനതയ്ക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സന്ദേശവുമായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മിഷണറിമാർ ഇവിടെ വന്നു കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ പഠിക്കാനുള്ള അവകാശം ആർക്കെ ഉള്ളായിരുന്നു പഠിക്കാനുള്ള അവകാശം കൊള്ളാവുന്നവരും കുടുംബത്തിൽ പിറന്നവരും വലിയ ജാതിയിൽപ്പെട്ടവർക്കുമൊക്കെ ഉള്ളായിരുന്നു അല്ലാത്തവർക്കൊന്നും ഇതിന് അവകാശമില്ലായിരുന്നു ഈ മിഷണറിമാരിവിടെ വന്ന് ഇവിടെ ഉള്ള നാട്ടുരാജ്യത്തെ ഇവരെയൊക്കെ സ്വാധീനിച്ചും ഒക്കെയാണ് ഈ നിലയിലുള്ള വിദ്യാഭ്യാസം നമ്മളിതൊക്കെ പറയുമ്പോൾ കോളേജ് എങ്ങനെയാണ് ഉണ്ടായത് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇവർ ഇതിനെ തുടർന്ന് ഈ സുവിശേഷത്തെ തുടർന്ന് എന്ത് വന്നു സുവിശേഷത്തെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് അക്ഷരാർത്ഥത്തിൽ പോലും അനുഗ്രഹിക്കപ്പെടും നമ്മളീ ഇവിടെ നടന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഈ ജാതികളെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ അടുത്ത് എങ്ങനെയാണ് ഈ ഇന്ന് ഇന്നത്തെ ഈ പരിഷ്കാരം എത്തിയത് ഇന്ന് അവരൊക്കെ നല്ല മാന്തരസമൊക്കെ തരിച്ച് മൊബൈൽ ഫോണുമൊക്കെ പിടിച്ച് വലിയ കാര്യമായിട്ട് അവരൊക്കെ ജീവിക്കുന്നത് ചിലപ്പം വല്ല അവരെക്കുറിച്ചൊക്കെയുള്ള വല്ല ചെറിയ ഇതൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയാലറിയാം അവരൊക്കെ നമ്മളെക്കാളും നീറ്റായിട്ട് അന്തസ്സായിട്ടുമൊക്കെ ജീവിക്കുകയും കാറോടിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരാരായിരുന്നു ഒരു നൂറ്റാണ്ട് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ആരായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവർ കിരാതരായിട്ട് നടന്നപ്പോൾ ഡേവിഡ് ലിമിസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു ദൈവപത്യൻ ഇവരുടെ അടുത്തേക്ക് ആദ്യം എന്തു ഈ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലും സുവിശേഷവുമായിട്ട് ഉള്ള വെല്ലുവിളി എന്താണ് സുവിശേഷവുമായിട്ട് കടന്ന് ഉള്ള വെല്ലുവിളി ഈ സുവിശേഷം ഇവരോട് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് വേണം ഈ ബൈബിള് വായിക്കണമല്ലോ ബൈബിൾ വായിക്കാൻ വേണ്ടി എന്തോ വേണം ഇവരുടെ ഭാഷയിൽ ഇത് ഒന്നാമത് ബൈബിള് ബൈബിള് വേണം ഇവർക്ക് പലർക്കും ഭാഷയില്ല ഭാഷയ്ക്കല്ലെങ്കിൽ ലിപികളില്ല ഞാൻ ഈ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില സഹോദരന്മാരെ എനിക്ക് ചില സാധനങ്ങൾ വായിക്കാനായിട്ട് കൊണ്ടു എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പോലും നോർത്ത് ഇന്ത്യയിലെ പല ട്രൈബ്സിന് ഇടയിൽ അവർക്ക് ഭാഷയില്ല അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ലിപിയില്ല അവിടെ എങ്ങനെ ആ ഭാഷ ഇവർ കൊണ്ടുവരുന്നത് ആരാ കൊണ്ടുവന്നത് സർക്കാരാണോ കൊണ്ടുവന്നത് സർക്കാരല്ല ലിപി ഒന്നും അവിടെ കൊണ്ടു വന്നത് വന്നത് വന്നതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ സഹന്മാർ അവർ ആ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്നോട് വായിക്കാനായിട്ട് ചില പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് ഒത്തുനോക്കാനും വായിക്കാനായിട്ടും ചിലപ്പോൾ കൊണ്ട് ഞാൻ ചിലപ്പോൾ വായിച്ച് അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതെന്തിനാണ് ഈ ബൈബിൾ ഇങ്ങനെയുള്ള ഭാഷകളിലേക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ സത്യസുവിശേഷം കൊണ്ടു ആ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബൈബിള് കൊണ്ടു ചെല്ലണം ബൈബിള് എന്തില്ല ഇവർക്ക് ലിപി പോലുമില്ല അപ്പോൾ ഈ മിഷണറിമാർ ആദ്യം ഒന്നേന്ന് പറഞ്ഞ് ഇവർക്ക് ലിപി കൊടുക്കുക ലിപി ഉണ്ടാക്കി കൊടുക്കുക രണ്ട് ഈ ലിപി ഉണ്ടായാലിവൻ വായിക്കണ്ടേ ഇവൻ അക്ഷരാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക അക്ഷരാഭ്യാസം ഉണ്ടാക്കി ലിപി ഉണ്ടാക്കി ഈ ബൈബിള് ഇവരുടെ ഭാഷയിൽ പ്രിൻറ്റ് ചെയ്ത് ആദ്യത്തെ നാല് സുവിശേഷങ്ങളെങ്കിലും പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ യോ ഇത്ര ആയെല്ലാം എന്ന് പറഞ്ഞ് ഈ ഫിഷണറിമാർ ഈ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫിഷണറിമാർ ആശ്വാസം ആശ്വാസ വിശ്വാസം ഉതിർക്കുക അവർ ചെയ്തു അതൊരു വലിയ ടീഡിയസായ പ്രോസസ്സാണ് കണ്ടോ ഈ ഈ ഗോത്രവർഗ്ഗക്കാരനോട് ആർക്കാകാം അരികമ്പ ഇവൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ പരിഷ്കാരം ചെല്ലുന്നത് അച്ചടി ചെല്ലുന്നതോടെ അക്ഷരം ചെല്ലുന്നതോടെ വിദ്യാഭ്യാസം ചെല്ലുന്നതോടെ മാത്രമേ ഇവനെ എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ ഇവനെ പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഒക്കെയുള്ളൂ ഞാൻ പറഞ്ഞു പോകുന്നത് അതല്ല നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡേവിഡ് ലിമിസ്റ്റന് ആഫ്രിക്കയിലെ ഈ വനാന്തരത്തിൽ പോകാനുള്ള പ്രേരണ എന്തായിരുന്നു സുവിശേഷം ആ സുവിശേഷം ഇവരുടെ അടുത്തെത്താം സുവിശേഷം അവരുടെ അടുത്തെത്തിയപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം വന്നു നോക്കുക ഈ ജനത എന്താ നിന്നാൽ സകല ജനതയും അനുഗ്രഹിക്കപ്പെടും സകല ജനതയും ഓൾ നേഷൻസ് ബ്ലസ്ഡ് ത്രൂ യു എന്ന കർത്താവ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുക ആറാമത് ദൈവം കൊടുത്ത ഒരു വാഗ്ദാനം അവർക്കൊരു സ്ഥലമാണ് നിങ്ങൾക്കൊരു സ്ഥലമല്ല തരും ഏഴാമത് നിങ്ങളുടെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ എണ്ണമറ്റതായിത്തീരും അവർക്ക് കൊടുത്ത വാഗ്ദാനവും ഈ വാഗ്ദാനം ഒന്നും ആർക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കണ്ടു പക്ഷെ പ്രാപിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല അബ്രഹാമിന് കഴിഞ്ഞില്ല എട്ടാമത് നിങ്ങളിൽ നിന്ന് തന്നെ പല ജനതകൾ ഉടലെടുക്കും അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനവും എവിടെ പറയുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ ആറിലും പതിനാറാമത്തെ വാക്യത്തിലും പറയുന്നു പല ജനതകൾ വന്നത് എങ്ങനെയാണ് ഈ നമുക്കറിയാമല്ലോ ഇസ്മായേലിലൂടെ വന്നു അതുപോലെ തന്നെ ഏഷ്യാവിലൂടെ വന്നു ഇവരൊക്കെ പല ജനതകൾ അതുപോലെ തന്നെ റാഹേലിനോട് പറയുന്നു രണ്ട് ജനതയാണ് നിൻ്റെ ഉള്ളിൽ തിങ്ങുന്നത് ഓക്കെയാ അപ്പോൾ ഇതെല്ലാം ഇതൊന്നും അബ്രഹാമിന് പ്രാപ് കഴിയില്ല പല രാജാക്കന്മാർ നിന്നിൽ നിന്ന് വരും വിൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ ആറ് പതിനാറാം വാക്യം വീണ്ടും അതേ കാര്യം തന്നെ പറയുന്നുണ്ട് നിൻ്റെ സന്തതിയോട് ഞാനൊരു നിയമം ചെയ്യും പതിനേഴിൻ്റെ മുപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് അതാണ് പത്താമത്തെ പൂർത്തിയാകാഞ്ഞ അല്ലെങ്കിൽ അബ്രഹാമിന് പ്രാപിക്കാനൊക്കാഞ്ഞ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം എന്താണ് നിൻ്റെ സന്തതിയിൽയോടൊരു നിയമം ചെയ്യും ആരോട് ചെയ്തു ഇസ്രായേൽ മക്കൾ വന്നപ്പോൾ പിന്നീട് സീനായ്മലയിൽ വെച്ചാണ് നിയമം കൊടുക്കുന്നത് ഇസ്മായേലും ഒരു വലിയ ജനതയായി തീരും എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ ഇരുപതിൽ ദൈവം തന്നെ വാഗ്ദാനം കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയാമല്ലോ ആ ഗാറ് ആ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ദൂതൻ പ്രത്യക്ഷമാകുന്നതും അതും അബ്രഹാമിന് കിട്ടിയ ഒരു വാഗ്ദാനം അതും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ഈ അറബി നമ്മൾ നോക്കുമ്പം ഈ അറബി ഈ ഇതിൻ്റെ ആകത്തുനിന്നില്ല കേക്കിൻ്റെ ആഴേന്ന് വീണ പൊടിയും പൊട്ടും പെറുക്കി തിന്നവനെന്ന് പറയുന്ന പോലെ അവൻ പെറുക്കി തിന്ന പൊടിയും പൊട്ടും എന്തായിരുന്നു അവൻ്റെ ഭൂമിയുടെ അടിയിൽ ഇത്രയും പെട്രോൾ കൊണ്ടുവന്ന് വെച്ചതാണ് അതിൻ്റെ നോക്കുക അല്ലെങ്കിൽ അവനൊരു നാടോടി പോലെ നടന്നവനാണ് ഈ അറബിയ നമ്മൾ അസൂയോടെ നോക്കുന്നെങ്കിൽ ചില നൂറ്റാണ്ടു മുമ്പ് അവൻ്റെ നില എന്തായിരുന്നു അവനൊന്നുമില്ലായിരുന്നു അവനൊരു നാടോടിയായിരുന്നു ഈ അബ്രഹാമും ആ അന്നത്തെ ആളുകളെപ്പോലെ ആടിനെ മേയിച്ചും ഒക്കെ നടന്നതുപോലെ ഇവരും മരുഭൂമി മരുഭൂമിയിൽ ആടിനെ മേയിച്ചും ഒക്കെ ചുമ്മാതെ നടന്ന ആളുകളാണ് ഭാഗ്യത്തിന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം മാറി എന്താ പെട്രോളവിടെ കണ്ടുപിടിച്ചത് അവിടെ കാര്യങ്ങൾ മാറി അപ്പോൾ ഇസ്മായേലിനും അവൻ്റെ സന്തതിക്കും ഈ കേക്കിൽ നിന്ന് വീണ ചില പൊട്ടും പൊടിയുമാണ് അവർ വെറുക്കി തിന്നുന്നത് പക്ഷേ ആ പൊട്ടും പൊടിയും പോലും എത്ര അനുഗ്രഹമായി തീർന്നിരിക്കുന്നു ഇസ്മായേലും അനുഗ്രഹിക്കപ്പെടും എന്നിതാ ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ ഇരുപതിൽ നമ്മൾ കാണുന്നു നിങ്ങൾ സത്യത്തിലെ രീതിയിലും ഇവർ ദൈവത്തെ സേവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു അവർ കനാനിൽ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ പതിമൂന്നോ പതിനാലോ വാക്യങ്ങളിൽ കാണുന്നു അബ്രഹാമിനുള്ള നിയമം മുഴുവൻ അബ്രഹാമിനോടുള്ള വാഗ്ദാനം മുഴുവൻ അത് പൂർത്തീകരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ പത്തൊൻപതിൽ പറയും ഇതൊക്കെ കൊടുത്ത വാഗ്ദാനമാണ് പക്ഷേ ഇതൊന്നും അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് അബ്രഹാമിനെ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല പതിനഞ്ചാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് അവരുടെ ശത്രുക്കളുടെ സ്ഥലം അവർ കൈവശമാക്കും എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് പതിനെട്ടിലാണ് നമ്മളത് കാണുന്നു ശത്രുക്കളുടെ സ്ഥലം കൈവശമാക്കും അത് പറയാൻ പോയ ചരിത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഇനി മുന്നോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ആത്മീകമായ പല വാഗ്ദാനങ്ങളുമാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്വർഗീയമായ നഗരമുണ്ടാകും നമ്മൾ എബ്രായനും പതിനൊന്നിൻ്റെ പത്ത് പതിനാറ് വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സ്വർഗീയമായ നഗരം അവിടെ സ്വർഗീയമായ ഒരു രാജ്യം എന്നും പറയുന്നുണ്ട് എംബ്രായർ പതിനൊന്നിൻ്റെ പതിനാല് പതിനാറ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരിലൂടെ ജാതികൾ രക്ഷിക്കപ്പെടും ഗലാത്തിയർ മൂന്നിൻ്റെ എട്ടിൽ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് നീ ആത്മീയ സന്തതിയായിരിക്കും എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട് റോമർ നാലിൻ്റെ പതിനാറിൽ ഒൻപതിൻ്റെ എട്ടിൽ ഒക്കെ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് സൂചന കൊടുക്കുന്നുണ്ട് ഗലാത്തർ മൂന്നിൻ്റെ പതിനാറിൽ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും സാത്താൻ്റെ പരാജയത്തെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ചില് ഗലാത്തിയർ മൂന്നിൻ്റെ 14. പതിനാലിൽ കാണുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ആ വാഗ്ദാനം യൂത യൂതയുടെ ലേഖനം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദാനിയൽ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ എസ് ഐ ആവ് ഇരുപത്തി ആറിൻ്റെ പത്തൊൻപതിൽ പറഞ്ഞിട്ടുണ്ട് നിത്യജീവൻ ലഭ്യമാകും എന്നുള്ളതിനെക്കുറിച്ചൊരു വരാൻ പോകുന്ന അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ എട്ടിൽ ആ കാര്യം പറയുന്നുണ്ട് ഓ നിത്യമായ ഒരു അവകാശം ലഭ്യമാകും എന്നുള്ള കാര്യവും ഗലാത്തിർ മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് എബ്രായർ പതിനൊന്നിൻ്റെ പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരെ വളരെ വേഗത്തിൽ ഓടിച്ചു പറഞ്ഞത് ഇരുപത്തഞ്ച് വാഗ്ദാനങ്ങളെങ്കിലും അബ്രഹാമിനോട് ദൈവം ചെയ്തത് ചെയ്തതിലെ ചില കാര്യങ്ങൾ എന്താ സൂക്ഷ്മമായ അർത്ഥത്തിലുള്ളതാണ് നമ്മൾ സെക്കരിയാവ് പാടിയ പാട്ടിൽ നമ്മൾ കണ്ടതുപോലെ ആരാധനയെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ചും കൂടെ പക്ഷേ അതൊഴിച്ച് ബാക്കി നമ്മൾ പ്രകടമായ വാഗ്ദാനങ്ങൾ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ ഉള്ളത് അതിനപ്പുറത്ത് വരാൻ പോകുന്ന വാഗ്ദത്ത പശിയായെക്കുറിച്ചും ഒക്കെയുള്ള വാഗ്ദാനങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ലഭ്യമാകുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അവർക്ക് ലഭ്യമായി പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു കർത്താവ് പറഞ്ഞു നിഗഡ പിതാക്കന്മാർ ഇതൊക്കെ ആഗ്രഹിച്ചു പറ്റിയില്ല കർത്താവ് പറഞ്ഞു അബ്രഹാം പോലും എൻ്റെ ഈ നാൾ കാണാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ അവരെന്ത് ചെയ്തു അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടന്നു അത് അതിനെന്തായിട്ടാണ് കാണുന്നത് വിശ്വാസത്തിൻ്റെ ഒരു നിലപാടായിട്ടാണ് കാണുന്നു ഇവർ എന്തെന്നും പറഞ്ഞ് നടന്നു ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് നടന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നോക്കുക ഈ പഴയ ഹട്ടെന്നാരെക്കുറിച്ചൊക്കെ ആ കാര്യം അതത് ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്നിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അബ്രഹാം താന് സാറായി അടക്കാനായിട്ട് ഹിത്യനോട് സ്ഥലം വാങ്ങിക്കാൻ ചെല്ലുമ്പം തന്നെ തന്നെ പറയുന്ന ഭാഗം കണ്ടോ ഇരുപത്തിമൂന്നിൻ്റെ നാല് ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു വാർക്കുന്നവനുമാവ് ഇവിടെ ഈ പറയുന്ന പരദേശി എന്ന് പറയുന്ന ആ ഭാഗം അബ്രഹാം തന്നെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഏഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ പ്രയോഗം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും നാൽപ്പത്തിയേഴിൻ്റെ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യാക്കോമ് പറയുക യാക്കോമ് ആ കാണാൻ ചെന്നപ്പോൾ ഫറവോനെ ചോദിച്ചു എത്ര വയസ്സായെന്ന് ചോദിച്ചു എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഇത്ര വയസ്സായെന്നൊക്കെ പറഞ്ഞാൽ പോര യാക്കോ ഉടനെ ഒരു കാര്യം ഓർത്തു എന്താ അയ്യോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഫറവൻ്റെ മുമ്പേ നിർത്തിയല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തതയൊക്കെ ഓർത്തും ഓർത്തപ്പോൾ ഏതൊക്കെ ഓർത്ത് കാണും ഇസാക്കിനെ തൻ്റെ പിതാവിനെ കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ഒക്കെ ഓർത്തപ്പോൾ എത്ര വയസ്സായെന്നുള്ള ചോദ്യത്തിന് യാക്കോ ഫറവനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് സംവശരമായിരിക്കുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കം കട്ടുമുള്ളത് അത്രയും എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുള്ളൂ അപ്പം യാക്കോ ഇവിടെ എന്താ പറയുന്നത് താനൊരു പരദേശിയാണെന്ന് പറയുന്നു തൻ്റെ പിതാക്കന്മാരും പരദേശികളാണ് എന്ന് പറയുകയാച്ചയെ പ്രിയപ്പെട്ടവരെയാണ് ഇവരിത് ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ടോ നമ്മൾ പതിനൊന്നിൻ്റെ പ്രായ പതിനൊന്നിൻ്റെ പതിമൂന്നിലെ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞു എവിടെ ഏറ്റു പറഞ്ഞു യാക്കോ വിതാവ് പറവൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു അബ്രഹാം വിതാ ഇത്യറിൻ്റെ മുമ്പാകെ ഏറ്റു പറഞ്ഞു ഞാൻ പരിദേശിയാണേ ഞാൻ ഈ നാട്ടുകാരനല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നു നമ്മൾ ഒരാളെക്കൂടെ നോക്കാം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇതാ അവരുടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവരെ ബഹുമാനിക്കുന്ന ദാവീത് രാജാവ് ദാവീത് രാജാവ് എന്ന് പറയുന്നു തന്നെക്കുറിച്ച് തന്നെ പറയുക ഏ എന്നാൽ ഞങ്ങൾ ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ ഇരുപത്തൊൻപതിൻ്റെ പതിനഞ്ച് എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര അനുപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ എൻ്റെ ജനവും എന്തുള്ളു ഞങ്ങളെന്തോ ചെയ്യുന്നു ഞങ്ങൾ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിൻ്റെ കയ്യിലേക്ക് നിനക്ക് തരുന്നതേ ഉള്ളല്ലോ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു ഭൂമിയിലെ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്ര യാതൊരു പിതാക്കന്മാരെ എന്തോ പറയുന്നു അതിഥി ഒരു നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ എന്തോ ചെയ്യും അതിഥിയോട് പറയും ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഭൂമി അവർ ഇരിക്കും നമ്മൾ അകത്തെ മുറിയിലോട്ട് വിളിച്ചോണ്ട് പോയാലേ അതിഥി അങ്ങോട്ട് വരൂ നമ്മൾ ഈ ഭൂമിയിൽ എന്താ അതിഥിയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ആതിഥേയനാണെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല നമ്മൾ അതിഥിയാ കണ്ടോ ദാവിതന്ന് പറയുക അതിഥിയും പരിദേശീയമാകുന്നു എന്ന് പറയും ഓ ഒടുവിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ നമ്മൾ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പത്രോസ് ഇതേ കാര്യം പറയുന്നുണ്ട് ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു എന്താണ് പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ ഏലിയൻസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ പരദേശികളും പ്രവാസികളുമാണ് ിയപ്പെട്ടവര് നമ്മളിതെന്തിനാ ഇപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മളും ഇന്ന് ഈ ലോകത്തിലായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്താ ഒരു പരദേശം നമ്മുടെ ഈ പ്രയാണം പരദേശ പ്രയാണോ നമ്മുടെ നാട് അല്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്ന കാലം അടുത്ത് വരുന്നു നമ്മളിത് പറയുമ്പോൾ ഓർക്കണം ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ പറയേലെ വിശ്വാസം അബ്രഹാമിൻ്റെ കൊടുത്ത അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമൊക്കെ വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കണം അബ്രഹാമിന് ഒരു ദേഷ്യം കിട്ടുമെന്ന് പറഞ്ഞു സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ എന്തോ ചെയ്യണം വിശ്വാസത്താൽ പ്രാപിച്ച് എടുക്കണം എന്നാൽ ആ വാഗ്ദാനം കിട്ടിയ അബ്രഹാം ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞ ആ കാര്യം കയ്യാളണമെന്ന് അതൊക്കെ പറയുന്നില്ല ഈ ഭൂമിയെക്കുറിച്ച് അബ്രഹാം എന്തോ പറഞ്ഞത് ഞാൻ പരിദേശിയാണെന്നാണ് പറഞ്ഞത് യാക്കോവ് പറഞ്ഞ പരദേശപ്രയാണമെന്ന് പറഞ്ഞത് ദാവീത് വലിയ കൊട്ടാരമുണ്ടാക്കിയ ദാവീത് യരിശിലേയും യരിശിലെയും അതുവരെ ഇവരുടേതല്ലായിരുന്നു ദാവീത് ഒരൊറ്റ എഴുത്താൻ അങ്ങനെ വന്ന് യമൂസിയനെ തോൽപ്പിച്ച് ഈ സ്ഥലമെടുത്ത് യരിശിലേയും ദൈവത്തിൻ്റെ നഗരം അത് ഉണ്ടാക്കിയ ആൾ ആരാണ് ഇതിപ്പോൾ എരിശിലേമിന് വേണ്ടിയല്ലേ ഈ പ്രശ്നമല്ല ഈ എരിശിലേയും ദാവീതാണ് ഈ നഗരമാക്കിയത് ദൈവത്തിൻ്റെ നഗരം ശിയോൻ കോട്ട അത് ഉണ്ടാക്കിയത് ദാവീദിൻ്റെ മകൻ ചലോമോനാണ് ദേവാലയം അവിടെ നിർമ്മിച്ചത് അങ്ങനെ ഒപ്പം ദാവീദിനൊത്തിരി മറ്റോരൊക്കെ പോട്ടെ അബ്രഹാം പോട്ടെ യാക്കോബ് പോട്ടെ അവരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നതേ ഉള്ളൂ ദാവീദോ ദാവീദ് നല്ല ഒന്നാംതര കൊട്ടാരത്തിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് വാഴുക ഒന്നിനും ഒരു പ്രശ്നവുമില്ല ഓ എല്ലാം തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു എല്ലാം പകിട പന്ത്രണ്ടേന്ന് നിൽക്കുന്നു പക്ഷേ ആ ദാവീത് പറയുക അയ്യോ പരിദേശിയാണ് അതിഥിയാണ് കണ്ടോ അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള വാഗ്ദാനം കൊടുത്തവരെ ചെയ്തില്ല അത് അതൊരു ഭൗതികമായ തരത്തിൽ പ്രാപിച്ചില്ല നമ്മളിന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ പങ്കുകാരായിട്ട് നമ്മളെ തന്നെ അവകാശപ്പെടുമ്പോൾ ഇന്നത്തെ സമകാലിക ക്രിസ്തീയത ഏതിനു ഇതെല്ലാം പറയുന്നത് ഈ ഭൂമിയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനും ഈ ഭൂമിയിൽ കുറേ കാര്യങ്ങളുടെ വെട്ടിപ്പിടിക്കാനും വേണ്ടിയാണ് അബ്രഹാമിനെ വിളിച്ചോണ്ട് വരുന്നത് ഇന്ന് അബ്രഹാമിനെ അക്ഷരാർത്ഥത്തെ വിളിച്ചോണ്ട് ഇവർ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ അബ്രഹാം എന്താ പറഞ്ഞേ എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഈ വാഗ്ദാനം കിട്ടിയിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് പരദേശിയായിട്ട് പ്രവാസിയായിട്ടാണ് ജീവിച്ചു ഏണ്ട എൻ്റെ മോയ്യ ഇസാഖ് അവനോട് ചോദിച്ചു നോക്ക് യാക്കോ നിൽക്കുന്നു ചോദിച്ചു നോക്ക് വാണ്ട ദാവിന്ന് നിൽക്കുന്നു ചോദിച്ചു നോക്ക് ഞങ്ങളൊക്കെ എന്തായിരുന്നു മനോഭാവം കൊണ്ട് പ്രവാസിയായിരുന്നു പ്രിയപ്പെട്ടവര് നമ്മൾ നമ്മൾ അബ്രഹാമിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നു പക്ഷേ അബ്രഹാം എടുത്ത നിലപാട് വേണ്ട വാഗ്ദാനം മാത്രം മതിയെന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ ഒരു തെറ്റ് ഇന്നത്തെ സമകാലിക ക്രിസ്തീയതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതിനോട് ചേർത്ത് നമുക്ക് പറയാം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചോദന ചെയ്യാം നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കും എത്ര നാൾ ദൈവം അനുവദിക്കുന്ന നാൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ എന്ത് വേണം നമുക്കിവിടെ വീട് വേണം ജോലി വേണം സഞ്ചരിക്കാൻ വാഹനം വേണം കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടണം അവരുടെ കല്യാണം നടക്കണം ഈ കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഇതെല്ലമുള്ളപ്പോഴും നമ്മുടെ നമ്മുടെ ഹൃദയം ഈ കാര്യങ്ങളിലല്ല ഈ മണ്ണെ മാണിക്യം എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ അത് പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടെ കൂടെ പറയണം കൂടെ കൂടെ നമ്മൾ എണ്ണിട്ട് പറയണം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയണം ഇതെന്തല്ല ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ പറയണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം കാഴ്ചപ്പാടിനായിട്ട് ആ ഇത് നഷ്ടപ്പെട്ടു പോകാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊരു പഴങ്കഥയായി പോകാതെ ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർത്ത് പോകുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഇരുന്ന് പറഞ്ഞ പല ആളുകളും അവരെ ദൈവം എന്തോ ചെയ്തു ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു അവരെ അനുഗ്രഹിച്ചു അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ജോലിയായി കാര്യങ്ങളൊക്കെ മെച്ചമായി എങ്ങനെയെങ്കിലും ഈ വാടക വീട്ടിൽ നിന്ന് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചാൽ മതി എന്നേ ഉള്ളായിരുന്നു വന്ന് ഇന്നിപ്പം വീടായി വലിയ വീടായി അതിൻ്റെ അത് വലിയ സംവിധാനങ്ങളൊക്കെ ആയി അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഈ ദൈവം ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടായിരിക്കും പക്ഷേ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു ദൈവത്തോടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ നിലനിർത്താൻ കഴിയാതെ പോയി എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർത്തുപോയി എന്നുള്ളതേ പ്രിയപ്പെട്ടവരെ നമുക്കും ഇത് സംഭവിക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം മാറും പിള്ളേർ ഗൾഫിലൊക്കെ പോകും അവിടുന്ന് ഡോളറും അവിടുന്ന് ഗൾഫിൽ നിന്ന് ഡ്രാഫ്റ്റാ വരുന്നതല്ലേ ഗൾഫിൽ നിന്ന് ഡ്രാഫ്റ്റും അമേരിക്കയിൽ ഡോളറും വരും നമ്മളത് ഒപ്പിട്ട് കൊടുത്ത് അതൊക്കെ വാങ്ങി പോകലുമൊക്കെ ഇട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉള്ള ആ നോട്ടമൊക്കെ ഉണ്ടല്ലോ നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളും കൂടെ കൂടെ പറഞ്ഞോളാം പരിഹരിക്കുകയാണ് അതിഥിയാണ് നല്ല മൊസൈറ്റുമൊക്കെ ഇട്ട് നമ്മളെങ്ങനെയൊക്കെ ഇരിക്കുന്നു പണ്ട് ഡെമുക്രേസർ പറയാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തെ വരെയാണ് ഡെമുക്രേസർ പറഞ്ഞു ഇതെല്ലാം ഞാനെന്തെ പ്രതാപമഹത്വത്തിനായി നിർമ്മിച്ച മഹരിയാം ബാബേ ആ വാക്കവൻ്റെ നാവയിലിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നല്ലൊരു കട്ടണൊക്കെ കൊണ്ടിട്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം വന്ന് നല്ല ഒരു ഭക്ഷണമൊക്കെ റെഡിയാക്കി അതും ഒക്കെ കഴിഞ്ഞാൽ ഐസ്ക്രീമൊക്കെ നമുക്ക് ചിലതൊക്കെ തോന്നും തോന്നരുത് ഞാൻ പറഞ്ഞത് നമുക്ക് തോന്നും പക്ഷേ ഉടനെ ഉടനെ പറഞ്ഞോളും പറഞ്ഞോളും എന്താ ഞാൻ ഈ നാട്ടുകാരനല്ലേ നാട്ടുകാരനല്ല ഇതൊക്കെ ഇതൊക്കെ ദൈവം തന്നതാ എന്നൊരു അംഗീകാരം നമ്മൾ അത് ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ ദൈവം നമുക്ക് കൃപ തരട്ടെ ദൈവം നമുക്ക് കൃപ തരട്ടെ കൃപയേറും കത്താവിലേ ശ്വാസം ശ്വാസം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്ധിയിൽ സമർപ്പിക്കാം നമ്മൾ നമ്മളാരും ഓ മറ്റ ഉള്ളവരെക്കാളും വിശ്വാസം കൂടിയ ആളുകൾ ആയതുകൊണ്ടല്ല നമുക്ക് നിൽക്കാനൊക്കുന്നത് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് വേണം വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു സഹോദരി ഞാൻ നിങ്ങളും ഇന്ന് വീണില്ലാതെ നിൽക്കുന്നു എന്നാണോ നമ്മൾ തോന്നുന്നത് ഓ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുക ആ ദൈവം അവിടുത്തെ കൃപയാണ് എന്നെ താങ്ങിയിരിക്കുന്നത് അവിടുത്തെ കൃപയുടെ കരങ്ങൾ പിൻവലിച്ചാൽ പിൻവലിച്ചാൽ എന്തു പറ്റും ഞാൻ വീണ് തകർന്നു പോകും കൃപ എങ്ങനെ പിൻവലിക്കും കൃപ എങ്ങനെ പിൻവലിക്കും അതും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് നികളം വന്നാൽ കൃപ പിൻവലിക്കും താഴ്മയുള്ളിടത്താണ് ദൈവം കൃപ കൊടുക്കുന്നത് അതിൻ്റെ ഇത് ചിന്തിച്ചാലോ താഴ്മ പോയാൽ അതായത് നികളും വന്നാൽ നമ്മൾ നെബുക്കനേശ്വറിനെ കുറിച്ച് പറഞ്ഞു നിവുക്കനേശ്വർ ഉണ്ടായിരുന്നു താൻ ആ ബാബിലോൺ നിർമ്മിച്ചു അതിൽ താൻ നിഗളിച്ചു നിഗളിച്ചു നിഗളിച്ചപ്പോൾ അവൻ എന്ത് നഷ്ടപ്പെട്ടു കൃപ നഷ്ടപ്പെട്ടു അവൻ അതോടെ ഓ ആ നിലയിൽ ദൈവത്തിൻ്റെ ന്യായീതി അനുഭവിക്കേണ്ടതായിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് പറയാം കർത്താവേ കർത്താവേ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ എന്നെ വഹിക്കണേന്ന് പറയാം കർത്താവ് അത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും അപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് വാക്കുകൊണ്ടാകട്ടെ മനോഭാവം കൊണ്ടാകട്ടെ ചിന്തകൾ കൊണ്ടാകട്ടെ നമ്മുടെ മനസ്സിലേക്ക് നികളത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവരാൻ പിശാജി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നേട്ടങ്ങളെ കാണിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേട്ടങ്ങളെ കാണിച്ച് നമ്മൾ ജീവിതത്തിൽ പിടിച്ചടക്കിയ കാര്യങ്ങളെ കാണിച്ചൊക്കെ നമ്മളെ ഓ നികളത്തിലേക്ക് കൊണ്ടുവരാൻ നികളചിന്തകൾ നിഗളത്തിൻ്റെ വാക്കുകൾ വരാൻ പിശാഞ്ച് പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ താഴ്മ നിൽക്കണേ താഴ്മ നിന്നാൽ എന്തോ ഉണ്ട് കൃപയുണ്ട് കൃപയുണ്ടെങ്കിൽ എന്തോ നിൽക്കും നിൽക്കാൻ വെക്കും കൃപയുടെ കരം പിൻവലിച്ചാൽ വീട് പോവും ഇതാണ് ഇതിൻ്റെ രഹസ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ഓ ഹാല നിങ്ങളത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ അത് നിഗളത്തിൻ്റെ ചിന്തകളാണെന്ന് തിരിച്ചറിയാനും നമ്മളെ തന്നെ താഴ്ത്താനും എന്തോ വേണം അവിടെയും കൃപ വേണം പറഞ്ഞു വരുമ്പോൾ എല്ലാം ദൈവത്തിൽ ദാവി പറഞ്ഞ പോലെ നിന്നിൽ നിന്ന് പ്രാപിച്ച് നിനക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ എല്ലാം നമുക്ക് നമുക്ക് പുഴാൻ ഞാൻ ഹോട്ട് ഹാർട്ടഡ് ആയതുകൊണ്ട് ഞാൻ നിന്നു ഞാൻ താഴ്മയുള്ള സഹോദരനായത് കൊണ്ട് ഞാൻ നിന്നു എന്നൊന്നും പറയാനായിട്ട് ഒക്കുകേലേ ഒക്കെ ഒക്കെ നിനക്ക് നികളം വന്നപ്പോൾ അത് നിങ്ങളാന്ന് തിരിച്ചറിയാൻ കൃപ തന്നതാരാ കർത്താവ് തന്നു അതിനെ ബഹിഷ്കരിക്കാൻ അതിനെ തള്ളിപ്പറയാൻ നികളത്തിൻ്റെ ചിന്തയെ തള്ളിപ്പറയാൻ നിനക്കാരാ കൃപ തന്നത് കർത്താവ തന്നു എല്ലാ കർത്താവിലാണ് നമ്മുടെ നിലനിൽപ്പ് ആദ്യന്തം കർത്താവിലാണ് നമ്മളത്ര നിസ്സാരരായ ആളുകളാണ് നമുക്ക് പുകഴാൻ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ദൈവസംഗതയിൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം ആലേലു ആലേലുയ്യ ഹാലുയ്യ അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത് കൃപ കൃപയൊന്നും ആശ്രയമായി കൃപ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഗ്രേസ് നമുക്ക് കൃപ കൃപ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു തലത്തിൽ നമുക്ക് എപ്പോഴും നിൽക്കാം ദൈവം തന്നെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വഗീയ പിതാവേ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ചയും പതിവ് പോലെ കൂടുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്ത്രോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കാനും അവിടെ നിന്ന് നിൽക്കുക തന്നല്ലോ സഹായിച്ചല്ലോ കർത്താവേമേ നന്ദി നന്ദി കർത്താവേ